അദ്ധ്യായം ഇരുപത്തി മൂന്ന് എന്റെ മേച്ചിൽ പുറത്തെ ആടുകളെ നശിപ്പ് ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് തന്റെ ജനത്തെ മേയിക്കുന്ന ഇടയന്മാരെക്കുറിച്ച് ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങളെന്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുമെന്ന് യഹോവിയുടെ അരുളപ്പാട് എന്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ ഞാനവയെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും അവ വർധിച്ച് അവയെ മേയിക്കേണ്ടതിന് ഞാൻ ഇടയന്മാരെ നിയമിക്കും അവ ഇനി ഭ്രമിക്കയില്ല കാണാതെ പോകയുമില്ല എന്ന് യഹോബയുടെ അരുളപ്പാട് ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും അവൻ രാജാവായുവാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും ഇസ്രയേൽ നിർഭയമായി വസിക്കും അവൻ യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് യഹോബയുടെ അരുളപ്പാട് ആകയാൽ ഇസ്രയേൽ മക്കളെ മിശ്രയിൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയാണേ എന്ന് ഇനി പറയാതെ ഇസ്രയേൽ ഗ്രഹത്തിന്റെ സന്തതിയെ വടക്കുദേശത്തു നിന്നും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകലദേശങ്ങളിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന യഹോവയാണേ എന്ന് പറയുന്ന കാലം വരും അവർ തങ്ങളുടെ സ്വന്തദേശത്ത് വസിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് പ്രവാചകന്മാരെക്കുറിച്ചുള്ള അരുളപ്പാട് എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ നുറുങ്ങിയിരിക്കുന്നു എന്റെ അസ്ഥികളൊക്കെയും ഇളകുന്നു യഹോവനിമിത്തവും അവന്റെ വിശുദ്ധ വ വചനങ്ങൾ നിമിത്തവും ഞാൻ മത്തനായിരിക്കുന്നവനെപ്പോലെയും വീഞ്ഞുകുടിച്ച് ലഹരി പിടിച്ചവനെപ്പോലെയും ആയിരിക്കുന്നു ദേശം വ്യഭിചാരികളെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ശാപം നിമിത്തം ദേശം ദുഃഖിക്കുന്നു മരുഭൂമിയിലെ മെച്ചിൽ പുറങ്ങൾ ഉണങ്ങിപ്പോയിരിക്കുന്നു അവരുടെ ഓട്ടം ദോഷമുള്ളതും അവരുടെ ബലം നേരുകെട്ടതും ആകുന്നു പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളന്മാരായിരിക്കുന്നു എന്റെ ആലയത്തിലും ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു എന്ന് യഹോവിയുടെ അരുളപ്പാട് അതുകൊണ്ട് അവരുടെ വഴി അവർക്ക് ഇരുട്ടത്ത് വഴുവഴുപ്പ് ആയിരിക്കും അവർ അതിൽ കാൽ തെറ്റി വീഴും ഞാൻ അവർക്ക് അനർത്ഥം അവരുടെ സന്ദർശനകാലം തന്നെ വരുത്തുമെന്ന് യഹോവിയുടെ അരുളപ്പാട് ശമരിയിലെ പ്രവാചകന്മാരിൽ ഞാൻ ഫോഷത്വം കണ്ടിരിക്കുന്നു അവർ ബാലിന്റെ നാമത്തിൽ പ്രവചിച്ചു എന്റെ ജനമായ ഇസ്രയേലിനെ തെറ്റിച്ചു കളഞ്ഞു എരുഷലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു അവർ വ്യഭിചാരം ചെയ്തു വ്യാജത്തിൽ നഖക്കുന്നു ആരും തന്റെ ദുഷ്ടത വിട്ടുതിരിയാതണം അവർ ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു അവരെല്ലാവരും എനിക്ക് സ്വതോം പോലെയും അതിലെ നിവാസികൾ ഗോമോറ പോലെയും ഇരിക്കുന്നു അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പ്രവാചകന്മാരെക്കുറിച്ച് ഇപ്രകാരം ുന്നു ഞാനവരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കും എരിശിലേമിലെ പ്രവാചകന്മാരിൽ നിന്നല്ലോ വഷളത്വം ദേശത്തെല്ലായിടവും പരന്നിരിക്കുന്നത് സൈനികളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത് അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത് എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്നു പറയുന്നു തങ്ങളുടെ ഹൃദയത്തിലെ ശാക്ഷിപ്രകാരം നടക്കുന്നവരോടൊക്കെ നിങ്ങൾക്കൊരു ദോഷവും വരികയില്ല എന്നും പറയുന്നു യഹോവയുടെ വചനം ദർശിച്ചു കേൾപ്പാൻ തക്കവണ്ണം അവന്റെ ആലോചന സഭയിൽ നിന്നവനാർ അവന്റെ വചനം ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നവൻ ആർ യഹോവയുടെ ക്രോധം എന്ന കൊടുങ്കാറ്റ് വലിയ ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെട്ടിരിക്കുന്നു അത് ദുഷ്ടന്മാരുടെ തലമേൽ ചുറ്റിയടിക്കും തന്റെ ഹൃദയത്തിലെ ഉദ്ദേശങ്ങളെ നടത്തിത്തീരുവോളം യഹോവിയുടെ കോപം മാറുകയില്ല ഭാവി കാലത്ത് നിങ്ങളതിനെ പൂർണമായി ഗ്രഹിക്കും ഞാൻ ഈ പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടും അവർ ഞാൻ അവരോട് അരുളി അവർ പ്രവചിച്ചു അവർ എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവർത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രം ആകുന്നുവോ ദൂരസ്ഥനായ ദൈവവുമല്ലയോ എന്ന് യഹോവിയുടെ അരുളപ്പാട് ഞാൻ കാണാത്തവണ്ണം ആർക്കെങ്കിലും മറയെ തൊളിപ്പാൻ കഴിയുമോ എന്ന് യഹോവിയുടെ അരുളപ്പാട് ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവിയുടെ അരുളപ്പാട് ഞാൻ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എന്റെ നാമത്തിൽ ഭോഷ്കു പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയുടെ പ്രവാചകന്മാരായി ഭോഷ്കു പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഈ താൽപ്പര്യം എത്രത്തോളം അവരുടെ പിതാക്കന്മാർ ബാൽ നിമിത്തം നാമം മറഞ്ഞുകളഞ്ഞതുപോലെ ഇവർ അന്യൂന്യം വിവരിച്ചു സ്വപ്നങ്ങൾ കൊണ്ട് എന്റെ ജനം എന്റെ നാമം മറന്നുകളയേണ്ടതിന് ഇടവരുത്തുവാൻ വിചാരിക്കുന്നു സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം ഉയരിക്കട്ടെ എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ വൈക്കോലും കോതമ്പും തമ്മിൽ ഒക്കുമോയെന്ന് യഹോവയുടെ അരുളപ്പാട് എന്റെ വചനം തീ പാറയെ തകർക്കുന്ന ചുറ്റിക അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് ഒരുത്തനോട് ഒരുത്തൻ എന്റെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു യഹോവിയുടെ അരുളപ്പാട് തങ്ങളുടെ നാവെടുത്ത് അരുളപ്പാട് എന്ന് പറയുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവിയുടെ അരുളപ്പാട് വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് പോഷകുകൊണ്ടും വ്യർത്ഥ പ്രശംസ കൊണ്ടും ജനത്തെ തെറ്റിച്ചുകളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവിയുടെ അരുളപ്പാട് ഞാൻ അവരെ അയച്ചിട്ടില്ല അവരോട് കൽപ്പിച്ചിട്ടില്ല അവർ ഈ ജനത്തിന് ഒട്ടും പ്രയോജനമായിരിക്കുകയുമില്ല എന്ന് യഹോവിയുടെ അരുളപ്പാട് ഈ ജനമോ ഒരു പ്രവാചകനോ പുരോഹിതനോ യഹോവിയുടെ ഭാരം അരുളപ്പാട് എന്തെന്ന് നിന്നോട് ചോദിക്കുന്നുവെങ്കിൽ നീ അവരോട് നിങ്ങളാകുന്നു ഭാരം ഞാൻ നിങ്ങളെ എറിഞ്ഞുകളയുമെന്ന് യഹോവിയുടെ അരുളപ്പാട് എന്ന് പറയുക പ്രവാചകനോ പുരോഹിതനോ ജനമോ യഹോവിയുടെ ഭാരമെന്ന് പറയുന്നുവെങ്കിൽ ഞാൻ ആ മനുഷ്യനെയും അവന്റെ ഭവനത്തെയും സന്ദർശിക്കും യഹോവ എന്തുത്തരം പറഞ്ഞിരിക്കുന്നു യഹോവ എന്ത് അരുളി ചെയ്തിരിക്കുന്നു എന്നിങ്ങനെയത്രേ ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോടും താൻ താന്റെ സഹോദരനോടും ചോദിക്കേണ്ടത് യഹോവിയുടെ ഭാരമെന്ന് ഇനി മിണ്ടരുത് അല്ലെങ്കിൽ അവനവന്റെ വാക്ക് അവനവന് ഭാരമായി തീരും നമ്മുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ എന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനങ്ങളെ നിങ്ങൾ മറിച്ചു കളഞ്ഞുവല്ലോ യഹോവൻ നിന്നോട് എന്തുത്തരം പറഞ്ഞിരിക്കുന്നു യഹോവ എന്തരുളി ചെയ്തിരിക്കുന്നു എന്നിങ്ങനെയത്രെ പ്രവാചകനോട് ചോദിക്കേണ്ടത് യഹോവിയുടെ ഭാരമെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലോ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു യഹോവിയുടെ ഭാരമെന്ന് പറയരുതെന്ന് ഞാൻ നിങ്ങളുടെ പക്കൽ നിങ്ങൾ യഹോവിയുടെ ഭാരം എന്നീ വാക്ക് പറക ഞാൻ നിങ്ങളെ എടുത്ത് നിങ്ങളെയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ തന്നിട്ടുള്ള നഗരത്തെയും എന്റെ മുമ്പിൽ നിന്ന് എറിഞ്ഞു കളയും അങ്ങനെ ഞാൻ നിങ്ങൾക്ക് നിത്യ നിന്നയും മറന്നുപോകാത്ത നിത്യലജ്ജയും വരുത്തും